എല്ലാവർക്കും എൻ്റെ അനുഭവം ഏഴാം അധ്യായത്തിൽ ഏഴും എട്ടും ഒമ്പത് ശ്ലോകത്തിലാണ് നമ്മളിന്ന് ചർച്ച ഏഴാമത്തെ ശ്ലോകം മത്തം പരതരണം ചെയ് സർവനിഗമം പ്രോത്തം സൂത്രേ മണികണമാണ് ഇപ്പോൾ ു കെയ പ്രസ്മി ശശിസൂര്യോ പ്രണവസേഷ പൗരുഷം നരുഷു പുണ്യം ഗന്ധപൃഥി ചേജസ്റ്റാസ്മിഭസൗ ജീവനം സർവൂഷ തപശാസ്മ തപസ്സുഷ ഇതാണ് നമ്മുടെ ശ്ലോകം ഭഗവാൻ ജ്ഞാനം വിജ്ഞാനം ഇത് രണ്ടും ഏഴാം അധ്യായത്തിൽ അശേഷത്ത സംശയം കൂടാതെ വിവരിച്ചു തരാം എന്നാണ് അർജുനോട് പറഞ്ഞത് ഏഴാം ശ്ലോകത്തിൽ പറയുന്നത് ജ്ഞാനമാണ് മതപരതന്നെ കിഞ്ചിരസ്ഥിധന്ധ വാസ്തവത്തിൽ ഭാഷയ്ക്ക് വല്ല അവ്യക്തതയുമ്പോൾ ഈ ഒരൊറ്റ പരിധി ശരിക്കും നമ്മൾ മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്താൽ മതി വേദാന്തം എല്ലാമായി അർജുന എന്നുള്ളതും നഗന്നമായി യാതൊന്നും ഇവിടെ ഇല്ല കിഞ്ചി എന്ന് സംസ്കൃതത്തിൽ പറഞ്ഞാൽ യാതൊന്നുമില്ല ഇതു തന്നെയാണ് ഈശാവാസ്യോപനിഷത്ത് പറയുന്നത് ഈശാവാസ്യമിതം സർവം ചത്യാന്തിൽ ഇവിടെ എന്തെന്തൊക്കെ കാണുന്നുണ്ടോ നല്ലതെന്നോ ചീത്തയെന്നോ ചെറുതെന്നോ അലസെന്നോ ഒരു വ്യത്യാസമുണ്ട് ഓക്കെ ഞാൻ ഞാനാണ് എന്ന് പറഞ്ഞാൽ നോക്കണേ കൃഷ്ണൻ ഇവിടെ ഞാനാണെന്ന് പറഞ്ഞാൽ വസുദേവനായ കൃഷ്ണനാണ് അതെ അസംശയം എൻ്റെ സ്വരൂപം സംശയമില്ലാതെ ധരിക്കും അതാണ് ബോധം ശാസ്ത്രീയമായ ഈശ്വര തത്വം ഗ്രന്ഥം അപ്പോൾ ബോധരൂപനായ കൃഷ്ണനല്ലാത്ത ഈ ജഗത്തിൽ അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങളുള്ള ജഗത്തിൽ മറ്റൊന്നും ലേശവുമില്ല ഇത് ഉപനിഷത്ത് ആവർത്തിച്ചാവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന സത്യസ്ഥിതിയാണ് ഇതാണ് ജ്ഞാനം ബോധം ഒന്നുള്ള ജഗത്തുണ്ട് ബോധമില്ലേ ജഗത്തില്ല അതുകൊണ്ട് ജഗത്തൊക്കെ ബോധം തന്നെ മത്തപ്പരതര മഞ്ഞ് ോത്ത സൂത്രേ മണികണ ഇപ്പോൾ ഒരു ചരടിൽ രത്നങ്ങൾ കോർക്കപ്പെട്ടിരിക്കുന്നത് പോലെ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ അർജുനാണ് എന്നിൽ കോർക്കപ്പെട്ടിരിക്കുന്നു ഇത് ജ്ഞാനം ഇതാണ് എത്തിച്ചേരേണ്ട ജ്ഞാനം ഇതാവർത്തിച്ചു പറയുന്നു കൃഷ്ണൻ ഇതാണ് പരമലക്ഷ്യം നമ്മൾ ഇന്നലെ എഴുത്തുപദ്ധ്യത്തിലും ഒടുവിൽ എന്താ പറയുന്നത് ഞാനാണ് ഈ സകലജഗത്തിൻ്റെയും ഉദ്ഭവവും പ്രളയവും ഒക്കെ അഹം ക്രിസ്മസ് ജഗത്ത് എന്നാണ് നമ്മളിന്നലെ നിർത്തിയത് പ്രഭവ പ്രളയ സ്ഥ ഇനി എന്താ അറിയാനുള്ളത് അതാണ് പൊന്തിനെ അറിഞ്ഞാൽ ഇതിനെ അറിയണം അല്ലാതെ പറ്റില്ല ഇതറിഞ്ഞാൽ എല്ലാം കൃഷ്ണൻ ഇനി എന്തറിയാൻ ഈ മയക്ക് കൃഷ്ണൻ മേശകൃഷ്ണനെച്ചൽ ബോധരൂപമായ പരമാത്മാവ് അപ്പോൾ പിന്നെ ഇനി എന്താ ഇനിയാണ് ഇത് പറഞ്ഞു കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ രസോഹം അസുഖം തേ അർജുന ഞാൻ വെള്ളത്തിൽ രസമാണ് ആ ഇതെന്ത് നേരം നോക്ക് ഇപ്പോഴല്ലേ പറഞ്ഞത് എല്ലാം ഞാനാണ് പിന്നെയിപ്പോൾ എന്താ വെള്ളത്തിൽ രസം എന്താ വെള്ളം ഭഗവാനല്ലേ ഇങ്ങനെയാണ് ഓരോരുത്തർ സംശയിക്കുന്നത് ഇത് വിജ്ഞാനമാണ് എല്ലാം ഞാനാണ് ബോധമാണ് എന്നനുഭവിച്ചറിയണ്ട ഈ വെള്ളം സ്ഥൂലരൂപമായ വെള്ളം കണ്ടാൽ തോന്നില്ല എന്നാൽ വെള്ളത്തിൻ്റെ വിത്തായ അനുഭവിക്കുന്നിടത്ത് ഉപനിഷത്തെടുത്ത് പറയുന്നത് ഇന്ദ്രിയാനുഭവങ്ങൾ ഈ എട്ട് ഒൻപതും ശ്ലോകത്തിൽ സൂക്ഷ്മങ്ങളായ ഇന്ദ്രിയാനുഭവങ്ങൾ അതായത് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ അവയെക്കുറിച്ചാണ് പറയുന്നത് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളുടെ അനുഭവം വിശകലനം ചെയ്ത് നോക്കുക ശബ്ദം ചെവി എന്ന ഇന്ദ്രിയം ശബ്ദത്തെ അനുഭവിപ്പിക്കുന്നു കണ്ണെന്ന ഇന്ദ്രിയ എന്ന രൂപത്തെ അനുഭവിപ്പിക്കുന്നു പക്ഷേ ഇതൊക്കെ ആരനുഭവിക്കുന്നു കണ്ണാണോ അനുഭവിക്കുന്നത് കണ്ണുരു റോറുപ്പ് വരെ പോയില്ലേ അതിലെങ്ങനെ അനുഭവം സാധ്യമാകുന്നത് രൂപം കണ്ടത് ഞാൻ ആ ഞാനാണ് ബോധം ബോധത്തെക്കുറിച്ച് പലർക്കും അല്പസംശയമൊക്കെ ഉണ്ടെന്നാണ് എന്നോട് ഇപ്പോൾ ചിലർ പറഞ്ഞതേ സാറേ ഈ വെള്ളത്തെയും ബോധത്തെയുമൊക്കെ കുറിച്ചൊന്നുകൂടെ ഒന്ന് ഒന്ന് വിശദമായി പറഞ്ഞാൽ കൊള്ളാം എന്നൊരു അഭിപ്രായം വന്നു നമുക്ക് പറയാം നമുക്കിത് മനസ്സിലാക്കണ്ടേ ആരാ രൂപം അനുഭവിക്കുക കണ്ണുടെ രൂപം അനുഭവിക്കുന്നത് പിന്നെ കണ്ണെന്ന ഉപകരണത്തിൽ കൂടി ഞാൻ അനുഭവിക്കുന്നു ആ ഞാൻ ഞാനത് അനുഭവിക്കാൻ ബോധമല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല ഇതേത് കൊച്ചുകുട്ടിക്ക് മനസ്സിലാവില്ല അനുഭവം ബോധത്തിൻ്റെ മാത്രം വാക്കാം മറ്റാർക്കുമില്ല അപ്പോൾ ഞാൻ രൂപം അനുഭവിക്കുന്നു ഞാൻ ശബ്ദം അനുഭവിക്കുന്നു രസോഹമ സുഖം തേയാണ നീ വെള്ളം കുടിക്കുമ്പോൾ ഈ രസം അല്ല വെള്ളത്തിൻ്റെ സൂക്ഷ്മരൂപമാണ് ആ രസം നീ ഒന്ന് ആലോചിച്ച് നോക്ക് അതിൻ്റെ നാക്കാണോ അനുഭവിക്കുന്നത് അല്ല നാക്ക് രസം നാക്കെന്ന് പറയുന്നത് രസം അനുഭവിക്കാനുള്ള ഒരു ഉപകരണം ഞാൻ ഒരു കണ്ണാടി വെച്ചാൽ ഭൂതക്കണ്ണാടി വെച്ചല്ലെങ്കിൽ ഒരു കണ്ണാടി വെച്ച് പച്ച കണ്ണാടി വെച്ച് പ്രപഞ്ചത്തെ കണന്നു പച്ചയായിട്ട് പക്ഷെ കണ്ണാടിയാണോ കാണുന്നത് കണ്ണാടി വെച്ചിരിക്കുന്ന ഞാനല്ലേ കണ്ണാങ്ങളി ഒരു ഉപകരണം ഉപകരണം ജഡ് ഒന്നാണ് അതിലൊന്നും അനുഭവിക്കാൻ സാധ്യമല്ല കണ്ണെന്ന ഉപകരണത്തിൽ കൂടി ഞാനെന്ന ബോധം അനുഭവിക്കുന്നു എട്ടുമൊൻപതും പദ്യം നോക്കിക്കാണുക രസോഹവാം സുഖവേ പ്രഭാസ്ണി ശശി സൂര്യരോഹം സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും രൂപം തേജോപരമായ രൂപം ആരനുഭവിക്കുന്നു ഞാൻ ശബ്ദമനുഭവിച്ചത് രസം അനുഭവിച്ചതും ഞാൻ ശബ്ദമനുഭവിച്ചതും ഞാൻ ഈ ഞാനാണ് ബ്രഹ്മം ഇനി എന്താ സംശയം ഈ ഞാനാണ് ബോധം ബോധമാണ് ബ്രഹ്മം അവനവൻ്റെ ഏതനുഭവത്തിൽ വിശകലനം ചെയ്തു നോക്കുക പുറകിലും ഞാൻ എന്ന ബ്രഹ്മം പേടിക്കണ്ട ഞാൻ ബ്രഹ്മമാണെന്നൊക്കെ പറഞ്ഞാൽ അയ്യോ സാര അങ്ങനെയൊക്കെ പറയാനോ സാര ഒന്നും കഴിയുണ്ട ഇത് പറയാനും കഴിഞ്ഞാൽ ഉപനിഷത്ത് പറയുന്നത് നിങ്ങൾക്ക് പിന്നെ ഈ ലോകം തോന്നിനെയും ഭയപ്പെടാനില്ല ഓരോ ഈശ്വരനെയും പിന്നെ ഭയപ്പെടാനില്ല ഈശ്വരന്മാരുടെ ഒക്കെ ഈശ്വരനാണ് ഈ ബോധം ബോധമില്ലാത്തവരെ ഈശ്വരനേ ഉള്ളൂ പ്രഭാസ്മി ശശിസൂര്യയോ പ്രണവ സർവവേദേഷ ഉപനിഷത്തിലെല്ലാം ഏകകണ്ഠമായി ശുപാർശ ചെയ്യുന്ന പ്രണവം പ്രണവോപാസന ഗാഢമായി പ്രണവം നീട്ടി ഉച്ചരിച്ചു നോക്കും ഉച്ചാരണത്തിൻ്റെ അവസാനം ശാന്തമായ ബോധത്തിലെത്തി നിൽക്കും അതുകൊണ്ടാണ് പ്രണവോപാസന എല്ലാ ഉപനിഷത്തുകളിലും ശുപാർശ ചെയ്യുന്നത് പ്രണവ സർവേത ഇഷു ശബ്ദം ആകാശ ആകാശത്തിൽ ഇങ്ങനെ സ്ഫോടനം ധ്വനിക്കുന്നു ഈ ആകാശത്തിൽ നല്ല ധ്വനി അങ്ങനെ മുഴങ്ങുന്നു ചെവി പൊത്തിനോക്കിയാൽ അത് അനുഭവിക്കാം ചെവി പൊത്തിനോക്കി ആ സ്ഫോടധ്വനിയുടെ അനുഭവം ആർക്കാണ് ചെവിക്കാണോ എന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ അല്ല ഞാനാണ് ആധ്വനി അനുഭവിക്കുന്നത് പിന്നെ മറ്റെല്ലാ ശബ്ദവും ശബ്ദമൊക്കെ ആകാശവുമായി ബന്ധപ്പെട്ടതാണ് ശബ്ദഗുണകം ആകാശം അപ്പം ശബ്ദമൊക്കെ പൗരുഷം നൃഷു ചിലരൊക്കെ മനുഷ്യനിൽ പൗരുഷം അഹങ്കരിക്കാറുണ്ട് പക്ഷേ ഈ പാവപ്പെട്ട അഹങ്കാരി മനസ്സിലാക്കുന്നതിൽ എവിടെ നിന്ന് കിട്ടി പൗരുഷം ബോധം ഈശ്വരൻ തരുന്നതാണ് പൗരുഷം അത് വിസ്മരിച്ചാലും ഒരു പൗരുഷവും ഇവിടെ നടപ്പാക്കിയത് കൊണ്ട് വിശേഷമില്ല രാവണനും ഹിരണ്യദശിമൊക്കെ പൗരുഷം നടപ്പാക്കാൻ നോക്കി പ്രഹ്ലാദൻ പറയുന്നു അയ്യോ എൻ്റെ അച്ഛൻ എന്ത് പൗരുഷശാലിയായിരുന്നു ഒരു നിമിഷം ഭഗവാനെ അങ്ങ് വന്നപ്പോൾ ഒരു നിമിഷമായാൽ തീർന്നു മാത്രമല്ല അപ്പോൾ പൗരുഷം നൃഷു പുണ്യോ ഗന്ധപ്രഥിവി ഭൂമിയിൽ ഗന്ധം ആരനുഭവിക്കുന്നു ഞാൻ ബ്രഹ്മം ബോധം വാസ്തവത്തിൽ ഇത്തരം അനുഭവങ്ങളും ബോധത്തിനും നേരിട്ട് കളങ്കപ്പെടുത്തുന്നില്ല ബോധത്തെ ഒന്നും കളങ്കപ്പെടുത്തുന്നില്ല എന്തുകൊണ്ട് ഈ അനുഭവമൊക്കെ വേണമെങ്കിൽ മാറ്റിവെക്കാം അപ്പം ശുദ്ധബോധം പുണ്യോ ഗന്ധപ്രൃഥി തേജസ് ചാസ്വിഭാസം അഗ്നിയുടെ രൂപം തേജോ തേജോമയമായ ഒരു രൂപം ആരനുഭവിക്കുന്നു ഞാ തേജസ്മ വിഭാവസ്വം ജീവനം സർവഭൂതേഷു പ്രാണൻ സകല ജീവജാലങ്ങളുടെയും ജീവിതം പ്രാണനെ ആശ്രയിച്ചാണ് ശക്തിസ്പന്ദനം നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ പ്രകൃതി സ്പന്ദനാത്മികയാണ് ആ പ്രകൃതി ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് യാ പ്രാണേന സംഭവത്തി പ്രാണരൂപത്തിലാണ് ശക്തിസ്പന്ദനതുപക്ഷാണ് ഈ ശക്തിസ്പന്ദനം പ്രാണൻ ഉണ്ടെന്ന് ആരനുഭവിക്കുന്നു ബോധം ജീവനം സർവഭൂതേഷും തപശ്ചാസ് തപസ് തപസ് മനസ്സിൻ്റെ ഏകാഗ്രത മനസ്സിയം ചൈകാഗ്രം തപോചത്തിന് മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ഏകാഗ്രതയാണ് പ്രധാന തപസ് ആ തപസ് ഓർമ്മ നേരെയാണെങ്കിൽ പ്രത്യക്ഷമായി ഉള്ളിലിരിക്കുന്ന ഈ ബോധത്ത് ബ്രഹ്മത്ത് ആനന്ദരൂപമായി അനുഭവിക്കാൻ കഴിയുമെന്നാണ് വേദാന്തശാസ്ത്രത്തിൻ്റെ പ്രഖ്യാപനം ഇങ്ങനെ ഇന്ദ്രിയാനുഭവങ്ങളെന്തും പരിശോധിച്ചാൽ ഇതാണ് വിജ്ഞാനം എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ഇപ്പോൾ എല്ലാ ജ്ഞാനമാണ് എന്ന് കൃഷ്ണൻ പറഞ്ഞു അത് പെട്ടെന്ന് നമുക്ക് പിടിയിട്ടുണ്ട് എത്ര പറഞ്ഞാലും എങ്കിലും സാർ ഈ വെള്ളം കൃഷ്ണനാണോ ഈ മേശകൃഷ്ണനാണോ സംശയം ബാക്കി നിൽക്കും എന്നാൽ ഇവയുടെ ഒക്കെ വിത്തായ സൂക്ഷ്മരൂപത്തെ ആരനുഭവിക്കുന്നുവെന്ന് നോക്കൂ അതിനുമൊക്കെ അനുഭവിക്കുന്നത് ഉള്ളിലുള്ള ബോധമാണെങ്കിൽ രസത്തെ അനുഭവിക്കുന്നത് ബോധമാണെങ്കിൽ ആ രസത്തിൻ്റെ പെരുവിയ രൂപമാണ് വെള്ളം വെള്ളത്ത് ആ ബോധത്തിനല്ലാതെ മറ്റാർക്ക് അനുഭവിക്കാൻ കഴിയും അപ്പോൾ വിജ്ഞാനം എന്ന് വെച്ചാൽ അനുഭവമാണ് അനുഭവം ജ്ഞാനം സിദ്ധാന്തപരമായ അറിവ് എല്ലാം ഈശ്വരനാണ് എന്ന അറിവാണ് ജ്ഞാനം അതിന് ക്രമേണ ഇങ്ങനെ സൂക്ഷ്മഭാവങ്ങളിൽ അനുഭവിച്ചിട്ട് വീണ്ടും വിശകലനം ചെയ്ത് സ്ഥൂലഭാവങ്ങളിലും ആ ബോധത്തെ കാണാനുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കലാണ് വിജ്ഞാനം അതുകൊണ്ടാണ് ജ്ഞാനവും വിജ്ഞാനവും നിനക്ക് ഞാൻ കമ്മിയായി പറഞ്ഞു തരാം ഇവിടെയൊക്കെ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ കൃഷ്ണൻ എന്തായി പറയുന്നത് ഇവിടെ എല്ലാം ഞാനാണെന്ന് പറഞ്ഞു ഓട്ടനെ പറയുകയാണ് വെള്ളത്തിൽ ഞാൻ രസമാണ് എന്തെങ്കിലും ഒരു ഒരു സ്ഥിരതയില്ല സംസാരിക്കുന്നുണ്ടല്ലോ അങ്ങനെയല്ല നല്ല സ്ഥിരത്വം സ്ഥിരതയ്ക്ക് യാതൊരു കുറവുമില്ല ഉപനിഷത്ത് പറയുന്നു ഇന്ദ്രിയാനുഭവങ്ങളെ വിശകലനം ചെയ്ത് നോക്കൂ ഏനരൂപം രസം ഗന്ധം ശബ്ദാൻ കഠോപനിഷത്ത് ഏന രൂപം രസം ഗന്ധം ശബ്ദുനാൻ ഏതേ നൈഗമിക പരിശിഷ്യത്തെ ഉപനിഷത്ത് ചോദിക്കുന്നു ഇനി എന്താ നിങ്ങൾക്കറിയേണ്ടത് ഏനരൂപം രസം ഗന്ധം ഇന്ദ്രിയാനുഭവങ്ങൾ രൂപന്റെ സംഗ്രന്ഥം ശബ്ദാൻ സ്പർശാന് ശബ്ദം സ്പർശം മൈഥുനാൻ ദാമ്പത്യസുഖം ഭാര്യാഭർത്ത ജീവിതത്തിലെ ദാമ്പത്യസുഖം ആരാനുഭവിക്കാത്ത വ്യക്തമായി ബോധാനുഭവത്തെ എടുത്ത് കാണിക്കുക എന്നാൽ ബോധമാണ് ദാമ്പത്യസുഖം അനുഭവിക്കുന്നത് ബോധമില്ലാത്ത ഭാര്യയും ഭർത്താവ് അത് മരിച്ചു കിടക്കുന്നു ദാമ്പത്യസുഖം അനുഭവിക്കുന്നു അതാണ് ആചാര്യസ്വാമികൾ പറയുന്നത് ഗഥപതി വായുവും ജീവാതി തസ്മെ ജീവൻ എന്ന് പറഞ്ഞാൽ ബോധ പ്രാണൻ പോയി ബോധമറങ്ങി പോയി അല്പനിമിഷം മുമ്പ് വരെ എൻ്റെ പ്രാണപ്രിയെന്ന് ഉദ്ഘോഷിച്ചിരുന്ന ഭാര്യ ആ ശരീരത്തെ ഭയപ്പെടുകയാണ് അതുപോലെ പിന്നെ ഭർത്താവ് എൻ്റെ പ്രാണപ്രിയതമാണ് അവളെ കൂടാതെ എനിക്ക് ജീവിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞിരുന്ന ഭർത്താവർ അവളുടെ അടുത്തിരിക്കാൻ പേടിക്കുന്നു ഭാര്യ മിക്ക തസ്മിൻ കായയെ അതൊക്കെ ഭാര്യയ്ക്കും ഭർത്താവനും ഒക്കെ ചേരുന്ന കാര്യങ്ങളാണ് പേടിക്കുന്നു എന്ന് മാത്രമല്ല പ്രിയതമനായെന്ന് പറയുന്ന ആ ചേടത്ത് ഒരു കരുണ്യവും കൂടാതെ തീയിലിട്ട് ചുട്ട് നോക്കണേ ആ ബോസം എന്ന് പറയുന്ന സത്യം ഒന്നിറങ്ങിപ്പോയപ്പോൾ ജലത്തിന് വന്നു ചേരുന്ന ദുരന്തം ഇതാണ് ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളായി കാണുന്ന ജലത്തിൻ്റെ മുഴുവൻ സ്ഥിതി ബോസം എന്ന രണ്ടു വാക്കിൽ തെളിയുന്ന സത്യം ഇല്ലെന്ന് വന്നാൽ തീർന്നു ജകത്ത് ഈ ഈ ചിച്ചിരയിൽ എരിച്ചു ചാമ്പലാക്കുന്ന ജലത്തിൻ്റെ സ്ഥിതി അതാണ് ജഗത്തിനും മുഴുവൻ എല്ലാ ഈശ്വരന്മാരും ഈ ബോധത്തിൻ്റെ നാമരൂപങ്ങളാണ് ബോധത്തെ അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞു എല്ലാം ഏകവിജ്ഞാനാരെങ്കിലും ഇതിനെതിര് പറയട്ടെ ഏകവിജ്ഞാന സത്വവിജ്ഞാനം ഇതാണ് ീ സത്യം ഇവിടെ ഉണ്ട് ഈ സത്യം നല്ല വിചാരം ചെയ്തറിയണം എങ്ങനെ പറ്റൂ ഒരു കർമ്മം കൊണ്ടും ഈ സത്യം അറിയില്ല ആണ് നമ്മളെ നല്ല നമ്മളീന്നല്ലേ ആചാരങ്ങളൊക്കെ ആചാരങ്ങളൊക്കെ വേണ്ട സാർ വേദാന്തമൊന്നും വേണ്ടെന്ന് പറയുന്നില്ല ആചാരങ്ങളല്ല അനാചാരങ്ങൾ പോലും വേണ്ടെന്ന് പറയുന്നില്ല എന്തുകൊണ്ടെന്നോ പറഞ്ഞെന്ന് വെച്ചൊന്നും നടക്കില്ല എന്നേ പറയൂ ഇതെല്ലാം ഈ മായ ഈ മായ രീതൊക്കെ നടത്തിക്കൊണ്ടിരിക്കും ഇതിനെ അങ്ങനെ ഒന്നും ശരിപ്പെടുത്താനിട ഒരു ഇന്ദ്രനും ചന്ദ്രനും ആർക്കും സത്യമല്ല പറ്റുന്നിടത്തോളമൊക്കെ ചെയ്തോളൂ ആചാരങ്ങളൊക്കെ ചെയ്തോളൂ ധർമ്മം എല്ലാം അനുഷ്ഠിച്ചോളൂ പക്ഷേ ഉപനിഷത്ത് പ്രഖ്യാപിക്കുന്നു ഈ പരമസത്യത്തെ വിട്ടിട്ട് നിങ്ങൾ എന്തിനെ കൂട്ടുപിടിച്ചാലും അത് നിങ്ങളെ കരയിക്കും ഇതാണ് മനുഷ്യത്തിൻ്റെ വ്യഖ്യാനം വേറെ കുഴപ്പമൊന്നുമില്ല അത് നിശ്ചിതമായിട്ട് നിങ്ങളെ കരയി ആ സത്യത്തെക്കൂടെ കൂട്ടുപിടിച്ചോളൂ അത് പറ്റോളും ആനന്ദസ്വരൂപമായി ആ സത്യം ബാക്കി നിൽക്കുകയും ചെയ്യും ഇതാണ് അവനവൻ്റെ ഉള്ളിലുള്ള ആ സത്യത്തെ അറിയാതെ മറ്റെന്തിനെ അറിഞ്ഞിട്ടെന്നു ശേഷം ഈ ലോകത്ത് ഈ സത്യം വ്യക്തമായി തെളിഞ്ഞിട്ടുണ്ട് അത്യന്തം ലളിതമായ സത്യം അതനുഭവിക്കാനും എളുപ്പം എല്ലാം അതാണ് എന്നുള്ള ഓർമ്മ വിട്ടുപോകാതെ സത്യം ഇത് മനസ്സിലാക്കാതെ ഉപനിഷത്ത് പറയുന്നു അവിദ്യ അന്തരേ സ്വയം ധീരാ പണ്ഡിതം മന്യമാനാ ദ പര്യന്തി മൂഭാ അന്ധേനയിൽ ഗണീയമാനായ ദന്ത ഈ സത്യമറിയാത്ത ലോകം ഒരു വ്യക്തി എത്ര ഗംഭീരനോ ആവട്ടെ എത്ര ശാസ്ത്രജ്ഞനോ ആവട്ടെ അദ്ദേഹം കിടന്ന പെടുന്നു ചുറ്റിക്കറങ്ങുന്നു ഒന്നും പിടികിട്ടാതെ ആരെയും നമ്മൾ കുറ്റപ്പെടുത്തുകയില്ല ആരോടും ഒരു വേദാന്തിക്ക് ഒരിക്കലും ഒരു അപകർഷ ചിന്തയില്ല ലോകത്ത് കോഹലമയമായി പലതും നടക്കുന്നു എന്നോട് ചിലർക്കും കുറഞ്ഞശാർ ആ കോലാഹലത്തിൽ ഞാൻ എല്ലാ ദിവസവും ഉണ്ടായിരുന്നു ഗംഭീരന്മാരൊക്കെ വന്നു പക്ഷെ സത്യമെന്തെന്ന് ഒരു മനുഷ്യർ ശബ്ദിച്ചതായി ഞാൻ കേട്ടില്ല ഗംഭീര കോലാഹലം എന്തുശേഷമാണ് വീണ്ടും കരയം കോലാഹലം കഴിഞ്ഞ് വീട്ടിൽ പോയിരുന്നു അതാണ് അവിദ്യായ മന്ദരേ വർത്തമാനാഹ സ്വയം ചീരാ പണ്ഡിത മന്യമാനാഹ സ്വയം ചീരന്മാരാണ് പണ്ഡിതന്മാരാണ് പക്ഷെ എന്ന് ഭാവിക്കുകയും ചെയ്യും അങ്ങനെ ഭാവിക്കുന്ന ആരെങ്കിലും വിളിച്ച് എന്താ സാർ സത്യം കിട്ടിയിട്ടുണ്ട് ഞാൻ രണ്ടോളൊക്കെ ചോദിക്കൊന്ന് സത്യം അങ്ങനെ പിടികിട്ടിട്ടില്ല പിന്നെ നിങ്ങളെന്തായി അഭിമാനിക്കുന്നത് ഞാൻ ഇപ്പോൾ ജകത്തിലെ നമ്മൾക്കളെയും ആ തീയരുകൊണ്ട് അതുകൊണ്ട് ഒക്കെ നല്ലത് ഒന്നിനെ എന്ത് ഏതാണ് കുറ്റം പറയുന്നു എന്ന് വിചാരിക്കരുത് പരമസത്യൻ ശാസ്ത്രീയമായി പിടികൂടിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ പര്യന്തി മുത ഇങ്ങനെ അടിച്ചു കൂലി ഇരുട്ട് ചുറ്റിക്കളും എനിക്കിത് വായിച്ചപ്പോൾ ഞാൻ വാസ്തവത്തിൽ അദ്ദേഹം മഹാത്മാവ ടെ ഡൽഹിയിൽ വന്നിട്ടുള്ള വന്ന ലോകത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഫിസിസ്റ്റ് സ്റ്റീഫൻ ഹോക്കിൻസ് ടി വിയിലൊക്കെ അദ്ദേഹത്തെ കാണാറു അദ്ദേഹം വളരെ വിനയമാണ് ഫിസിക്സിലങ്ങമായി അദ്ദേഹം പറയുന്നു നെഴ്സൊക്കെ തളർന്നു പോയി വീൽചെയറിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങൾ പക്ഷേ അദ്ദേഹത്തിൻ്റെ വിനയം അദ്ദേഹം പറയുമ്പോൾ ഫിസിക്സ് എന്നെ രക്ഷിക്കയില്ല എന്നുവച്ചാൽ സത്യം പിടിയിട്ടില്ലേ എന്തൊക്കെയോ തിയറികളുണ്ട് അത് ഒന്നൂടെ സുഖ സാമഗ്രികൾ കമ്പ്യൂട്ടർ വരെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഒന്നേ ദുഃഖിക്കുന്നുണ്ട് പാരണ ദുഃഖം അദ്ദേഹം പറയുന്നു എന്നെ രക്ഷിക്കാൻ ഫിസിക്സിന് സാധ്യമല്ല ഞാൻ എന്തിനെ ജനിച്ചു ഇതിനുത്തരം ആരെങ്കിലും പറഞ്ഞു തരുമോ ഈ ചോദ്യവുമായിട്ടാണ് അദ്ദേഹം ഡൽഹിയിൽ വന്നിറങ്ങിയത് ആലോചിച്ച് നോക്കുക ഈ ഉപനിഷത്തിൻ്റെ പ്രഖ്യാപനം എത്ര ശരിയാണ് ദന്ദ്രമ്യമാണാപ്പരിഗന്ധിമൂഷ ഇതാണ് ലോകത്തിൻ്റെ മുകളിലും ഗുതി ചന്ദ്രനിലും സൂര്യനിലും പോകുന്നവരുടെയും ഗതി അവിദ്യ ഈ സത്യം ഇവിടെ തെരഞ്ഞിട്ടുണ്ടല്ലോ ഈ സത്യത്തെ നിഷേധിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ ഇല്ലെങ്കിൽ ഈ സത്യം കൂടെ ഉൾക്കൊണ്ട് ചന്ദ്രനിലോ സൂര്യനിലോ എവിടെ പോകും ഈ സത്യത്തെ വിട്ടിട്ട് സൂര്യനിൽ പോയാൽ ആ സൂര്യൻ നിങ്ങളെ കരയിക്കും ഇത് ഉപനിഷത്തിൻ്റെ സംശയരഹിതമായ പ്രഖ്യാപത്വമാണ് അതുകൊണ്ട് ഈ സത്യം പിടികിട്ടാത്രത്തോളം ജഗത്തിൻ്റെ സ്ഥിതി എന്താ അതാണ് ഈ കോലാഹരണം എവിടെ തീരുന്ന ലോകമെമ്പാടും എടുത്തു നോക്കുക വർദ്ധിക്കുന്നതല്ലാതെ കോലാഹലം വർദ്ധിക്കുന്നു അതോടൊപ്പം സകല തരത്തിലുള്ള ദുരിതങ്ങളും വർദ്ധിക്കുന്നു ഇതെല്ലാതെയും ഇവിടെ ആരെന്ത് സുഖമാണ് വാസ്തവത്തിൽ അനുഭവിക്കുന്നത് അന്ധേനൈവനിയമാനായ ഉപനിഷത്ത് പറയുന്നു ഈ സത്യം വഴി വിട്ടോട്ടം കുരുടന്മാർ കുരുടന്മാരെ നയിക്കുന്നതും ഇതാണ് ലോകത്തിൻ്റെ സ്ഥിതി ആചാര്യസ്വാമികൾ എന്ന് പറയും അന്ധപരമ്പരയും സംസാരസരണി ഈ സംസാരസരണി അന്ധപരമ്പര വരി വരിയായി കുരുടന്മാരുടെ ഒരു ഘോഷയാത്ര സത്യം സ്പഷ്ടമായി തെളിഞ്ഞിട്ടുണ്ട് കേൾക്കുവാണ് അത് ഉൾക്കുള്ള ആരും തയ്യാറില്ല ഏ അതെന്താ അങ്ങനെയാണെങ്കിൽ ഇത് ഉൾക്കൊള്ളാൻ കഴിയാതെന്ന് എനിക്കറിഞ്ഞുകൊണ്ടാണ് കൃഷ്ണൻ തന്നെ പറയുന്നു അറിഞ്ഞാൽ എനിക്കൊരു പിടികിട്ട മനുഷ്യാണ് ആ സഹസ്ര നമ്മൾ പഠിച്ചതല്ലേ സഹസ്രേഷു കഷ്ടിത്യത നിഷിദ്ധയെ സംശയരഹിതമായും സമഗ്രമായും എന്നെ അറിയുക എന്ന സിദ്ധി കൈവരിക്കാൻ ആയിരമായിരം പേര് ഒരാളെ തുണിയുന്നുള്ളൂ അത് തുനിഞ്ഞ് മുന്നോട്ടിറങ്ങുന്ന ആളുകാളുകൾ തന്നെയും വഴിയിൽ മറ്റു പല കാര്യങ്ങളിലും ഭ്രമിച്ച് ഈ സത്യ പരമസത്യത്തിലെത്താതെ എന്താ പരമസത്യം മത്ത പരതരം നന്നെ കിഞ്ചിടസ്ഥി ധനഞ്ജയ ഇതാണ് പരമസത്യം ജ്ഞാനം ഈ എന്നിൽ നിന്ന് വേറിട്ടായി ഒന്നില്ല ധനഞ്ജയ അപ്പോഴാണ് ഒരുപാട് പേർക്ക് സംശയം എന്താ സാർ ഈ ബ്രഹ്മമൊന്നും ബോധമൊന്നും ഒക്കെ വന്നാൽ ഇതൊന്നും പിടികിട്ടുന്നില്ലല്ലോ സാർ ശരിക്കും ഈ ബോധം എന്ന് പറഞ്ഞു അത് പിടികിട്ടുന്നില്ല എന്ന് പറയുന്നയാൾ പിടികിട്ടുന്നില്ല എന്ന് പറയുന്നതാരാ ബോധമില്ലാത്തൊരു ശരീരം കിടക്കുന്നു ഈ മേശ പറയാറില്ല എനിക്ക് ബോധ പിടികിട്ടുന്നില്ല ബോധമാണ് പറയുന്നത് എനിക്ക് പിടികിട്ടുന്നില്ല ഞാനുണ്ട് ഈ ഏത് കുഞ്ഞിനോടും ചോദിച്ചു നോക്കുക എന്താ കഴിഞ്ഞാൽ നിനക്ക് ഞാനുണ്ട് എന്ന അനുഭവം ഉണ്ട് ഉണ്ടോ ഉണ്ട് എന്ന് ഞാനായാലും ശരി വേറൊരു പദാർത്ഥമായാലും ശരി എന്തിനെയും ഉണ്ട് മേശ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ രസമുണ്ട് ആരനുഭവിക്കുന്നു ബോധം ബോധമില്ലെങ്കിൽ രസമുണ്ട് എന്ന അനുഭവമേ ഇല്ല അനുഭവമാണ് ബോധം ഉണ്ട് എന്ന അനുഭവം അതില്ലയോ ഒന്നുമില്ല എത്ര സ്പഷ്ടം അപ്പോൾ ഈ ഞാനുണ്ട് എന്ന് എല്ലാവരുടെയും ഉള്ളിൽ അനുഭവമില്ലേ ആ ഞാനാണ് എന്താ സാർ ബോധം എന്ന് പറഞ്ഞാൽ കുഞ്ഞെ നീ ആണ് ആ ബോധം പക്ഷേ ഈ ബോധത്തെ ഇപ്പോൾ നമുക്ക് ഒരു പുസ്തകം പോലെ കയ്യിലെടുത്ത് തരാൻ പറ്റുമോ എന്തിന് തരണം സകലരുടെയും ഉള്ളിൽ ഉണ്ട് ഉണ്ട് രാ പുറകൾ പ്രതി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബോധത്തെ ഇനി കയ്യിലെടുത്ത് തരണമോ അറിയാനായിട്ട് ആ ഞാനിനെ ഒന്ന് ശുദ്ധീകരിക്കും അതിൻ്റെ രാഗദ്വേഷമാറകൾ മാറ്റി അതിനെന്തായാലും ഭേദചിന്തയും രാഗദ്വേഷവും മാറ്റി ഒന്ന് ശുദ്ധീകരിക്കൂ ഈ നമ്മുടെ ശരീരത്തിനുള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന ഞാൻ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ അപ്രകാശിപ്പിക്കുന്ന അഖണ്ഡബോധ ബ്രഹ്മമാണ് എന്ന് സ്വയം അനുഭവിക്കാറുള്ളത് പക്ഷേ ആർക്കും ഭേദചിന്തയും രാഗദ്വേഷവും മാറ്റം വയ്യ ജാതിയും മത നേരം കൊടുത്താൽ കൂടുതൽ കൂടുതൽ ഭേദചിന്ത രാഗദ്വേഷം കൂടുതൽ കൂടുതൽ വളരുക അതൊക്കെ നമുക്ക് ഭഗവാൻ ഈ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട് ഇനി അടുത്ത ചില ശ്ലോകങ്ങൾ വരുമ്പോൾ കുറെ കാര്യമായി ചർച്ച ചെയ്യാം എന്തായാലും ഈ ഞാൻ ഉണ്ട് എന്ന് നമ്മുടെ ഒക്കെ ഉള്ളിൽ സദാ പ്രകാശിക്കുന്ന ആ ബോധം അതാണ് ബ്രഹ്മം എന്നാലും അതങ്ങോട്ട് പിടികിട്ടുന്നില്ല ഒരു സാർ അവയെന്താ പിടികിട്ടാൻ പിടിക്കാനൊന്നും നോക്കില്ല ഞാനുണ്ട് അനുഭവിക്കുകയല്ലേ ഇനി എന്ത് പിടിക്കാനാണ് ആചാര്യ ഇസ്വാമികളുടെ ആ പ്രഭുഭാനുഭൂതി എന്നൊരു കൃതി ഇവിടുണ്ട് അതിന് മുഴുവഴിയിലാണ് പറയുന്നാൽ ആദ്യത്തെ ഒരു ശ്ലോകമുണ്ട് ഏകശ്ലോകം ഒരു ശിഷ്യൻ അന്വേഷിച്ചിരുന്നു സത്യം അന്വേഷിച്ചിരുന്നു അപ്പോൾ ഒറ്റ ശ്ലോകമുള്ള ആ സത്യം വെളിപ്പെടുത്തി ഒറ്റ ശ്ലോകം അത് ചോദിച്ചു പിന്നെ വെളിച്ചം ഇവിടെ ഈ ലോകത്തെ കാണാനുള്ള വെളിച്ചം അത് സൂര്യൻ സൂര്യനും ചന്ദ്രനും രാത്രി അഗ്നിയാണ് പകലോ പകല് സൂര്യനാണ് അത് ശരി സൂര്യനെയും ചന്ദ്രനെയും കാണാൻ നിനക്കെന്താണ് വെളിച്ചം കിം ജ്യോതിസ്തവ നിനക്കെന്താണ് വെളിച്ചം ഭനുമാനഹിനേ പകല് സൂര്യൻ രാത്രി പ്രതീകാധികം രാത്രിയിൽ വിളക്കും മറ്റുമാണ് എനിക്ക് ഭാരമാനഹനെ രാത്രവും പ്രദീപാഗം പക്ഷേ ആ സൂര്യനെയും വെളിച്ചത്തെയും കാണാൻ നിനക്കെന്താ കണ്ണൻ വെളിച്ചം ചക്ഷുവും എൻ്റെ കണ്ണൻ തസ്യനിമീലനാദി സമയം കുഞ്ഞിനെ കണ്ണടച്ചു നോക്കും അപ്പോഴും എന്തൊക്കെയോ നീ നിൻ്റെ ഉള്ളിൽ കാണുന്നു അനുഭവിക്കുന്നു അപ്പോൾ ഈ കണ്ണല്ലല്ലോ ചക്ഷു തസ്യ വിനീലനാദിസമയക്കും അത് അടയ്ക്കുന്നതെന്താണ് അത് ധീ എൻ്റെ ബുദ്ധി ധിയോദർശനേക്കും നിൻ്റെ ബുദ്ധിയെ കാണാൻ നിനക്കെന്താണ് വിളിച്ചം ബുദ്ധിയെ കാണാൻ അതിൻ്റെ വിളിച്ചം എന്താണ് ധിയോദർശനേക്കും തത്ര അഹം അവിടെ ഞാൻ ഞാൻ എൻ്റെ ബുദ്ധിയെ കാണുന്നു ഓ കോട്ടെ ഞാനിനെ കാണാൻ എന്താ വിളിച്ചത് ഗുരു അതിന് മറ്റൊരു വിളിച്ചോ ആവശ്യമില്ല ഞാനുണ്ട് ഞാൻ സ്വയം അനുഭവിക്കുന്നു നേരെ കുറച്ച് സൂര്യനെ കാണണം അല്ലെങ്കിൽ ബുദ്ധിയെ കാണണമെങ്കിൽ ഞാനുണ്ടെങ്കിലേ പറ്റൂ ഞാൻ പിൻവാങ്ങിയാൽ ബുദ്ധിയില്ല കണ്ണില്ല ഇന്ദ്രിയങ്ങളൊന്നുമില്ല ജഗത്തില്ല ഞാൻ പിൻവാങ്ങിയാൽ പക്ഷെ ഞാനിനും മറ്റൊന്നും ആവശ്യമില്ല അതാണ് സ്വയം പ്രകാശിക്കുന്ന ബോധം ഞാനുണ്ട് ഞാനുണ്ട് എന്നിങ്ങനെ ബോധം സദാ സ്വയം പ്രകാശിച്ചുടങ്ങുന്നു പക്ഷേ നമ്മുടെ ഉള്ളിൽ സ്വയം പ്രകാശിക്കുന്ന ബോധത്തിന് കുറേ മറകളുണ്ട് കാണാം ക്രോധം ഈ ശരീരം ഇന്ദ്രിയാനുഭവങ്ങൾ ഇതൊക്കെ അതിനോട് വെറുതെ കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുക അതിനൊരു കളങ്കവും സംഭവിച്ചിട്ടില്ല എങ്ങനെ അറിയാം ഇതൊന്ന് മാറ്റി നോക്കൂ ഈ രാഗദ്വേഷങ്ങളെ മാറ്റി നോക്കൂ ഭേദചിന്തകളെ മാറ്റി നോക്കൂ നല്ല ഉജ്ജ്വലമായ തെളിമയോടു കൂടി ആനന്ദഘനമായി ഈ ഞാൻ അനുഭവവിഷയമാകും ഇവ ഗുണസമാഹാരം അനിത്യത്വേന പശ്യത്ത അന്തശീതളത്ത ഈ പ്രപഞ്ചവും ഒരു മായാമയർ ഓക്കെ അടുത്ത ദിവസം നമ്മൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യും ഗീതയിൽ തന്നെ വരുന്നു ഇതൊന്നുമില്ല ഇത് ജഡം നമ്മൾ കണ്ടില്ലേ ഭർത്താവിൻ്റെ ഭാര്യയുടെ ജഡം ബോധം പോയാൽ ചെറുമ്പം ചാമ്പൻ അത്രയൊക്കെ ഉള്ളൂ ത്രിഭുവനം അത്രയൊള്ളൂ ജഡമായി കാണുന്ന ത്രിഭുവനം ോധം എന്ന രണ്ട് ലക്ഷണത്തിൽ ഇടങ്ങുന്ന സത്യം വിട്ടുമാറിയാൽ തൃണം തൃണം ത്രിഭുവനം ഗ്രാമം ഈ മരിച്ചു കിടക്കുന്ന ആളിൻ്റെ ശരീരം പോലെ അത് പിന്നെ അവർക്ക് വേണം പെട്ടെന്ന് മാറ്റണം അതാണ് അത്യാവശ്യം ഇനി അധിക നേരം കിടത്താൻ നോക്കില്ല ഇത്രയൊക്കെയുള്ള സൂര്യൻ്റെ ജലമായാലും ശരി അനന്തകോണി ബ്രഹ്മാണ്ടങ്ങളുടെ ജലത്തിന് ഈ ബോധം അങ്ങോട്ടും മാറിയാൽ തീർന്നു ഇത്രയൊക്കെയുള്ളൂ പ്രാധാന്യം അപ്പോൾ ഈ ബോധതത്വമാണ് സത്യം നമ്മുടെ ഉള്ളിൽ അത് നിരന്തരം ഞാൻ ഞാൻ എന്നിങ്ങനെ പ്രകാശിക്കുന്നു ഈ ഞാനിനെ ഒന്ന് ശുദ്ധീകരിക്കാൻ ആർക്കും ഈ ഞാനിനെ ഇത് ആനന്ദകരമായ വസ്തുവാണെന്നറിഞ്ഞ് വിചാരണം ചെയ്ത് ശാസ്ത്രീയമായി സുഖീകരിക്കണം ഒരു കർമ്മം കൊണ്ടും ഇതിൻ്റെ ശുദ്ധീകരണം സാധ്യമല്ല കർമ്മം കൊണ്ട് അല്പമൊക്കെ ശുദ്ധീകരണം സാധിക്കാം പക്ഷേ ഇതറിഞ്ഞ് അനുഭവിക്കണമെങ്കിൽ ശാസ്ത്രീയമായി വിചാരണം ചെയ്ത് ഈ ബോധത്തെ ജഡത്ത് ജഡത്തിൽ നിന്ന് അകറ്റി അതായത് രാഗദ്വേഷങ്ങൾ പോണം ഭേദചിന്ത പോകണം ഇത്രയേ ഉള്ളൂ വേറെ ഇവിടെ ഒരു പ്രശ്നവും ഇല്ല ഇത് കർമ്മം കൊണ്ട് നടക്കുമോ നടക്കുമെങ്കിൽ നല്ലതും മൂന്ന് നേരം ഇവിടെ ആചാരങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ അതൊക്കെ ചിലർക്ക് സംശയമുണ്ട് ആചാരമൊന്നും വേണ്ടെന്ന് വേദാന്ത ഒരിക്കലും പറയുന്നില്ല ആചാരമൊന്നല്ല ഒരു കർമ്മവും വേണ്ടെന്ന് കാരണം വേണ്ടെന്ന് നടക്കില്ല ായി അടിമയെ പോലെ കൃഷ്ണൻ പറയുകയാണ് പ്രകൃതയെ ക്രിയവാണാന് ഗുണൈകർമാണി സർവശ അഹങ്കാര വിമൂഢാത്മാകർത്താഹ വിധി മന്യത്തെ പ്രകൃതി അവനെ അവൻ്റെ വാസന പ്രകൃതിൻ്റെ വാസന ഒരുവനെ അടിമയാക്കി അർജുനൻ്റെ യുദ്ധവാസന അടിമയാക്കി അവനെ യുദ്ധക്കൊടുത്ത് നിർത്തിയിരിക്കുന്നു നീ ഇപ്പം യുദ്ധം ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്തേ തീരൂ ധർമ്മയുദ്ധം ചെയ്തില്ലെങ്കിൽ അയാൾ അധർമ്മയുദ്ധം ചെയ്യുന്നു അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞത് യുദ്ധം ചെയ്യാൻ അത് കുറഞ്ഞു കുറഞ്ഞ് സത്യം ഉറപ്പുവരട്ടെ എന്ന് കരുതി മാത്രം ഒരു കർമ്മവും വേണ്ടെന്ന് വേദാന്തം പറയുന്നില്ല എല്ലാ കർമ്മവും ചെയ്യൂ കൃഷ്ണനെ സംബന്ധിച്ചാണെങ്കിൽ ഒരു വിട്ടുവീഴ്ചയുടെ തൽക്കാലം നി മഹാപാപമാണ് ആചരിക്കുന്ന ഈ അത് വെച്ചാൽ പെട്ടെന്ന് രൂപ വേണ്ടെന്ന് പറഞ്ഞാൽ പറ്റില്ല ഇതിലൂടെ കൂട്ടിച്ചേർക്ക് ഈ പരമസത്യം എന്ത് പരമസത്യം ഈശ്വരനല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല എന്ന പരമസത്യം മത്തപരചര നിഞ്ചിയിലസ്തി ധനം ചെയ്യാം എന്ന സത്യം കൂടെ കുറേ യുദ്ധം ചെയ്യുന്നതിനിടയ്ക്കും കൃഷ്ണരും അവരും ഇവരുമൊക്കെ ഈശ്വരൻ എന്ന് ഓർമ്മിക്കൂ ആ ഈശ്വരൻ മരിക്കുന്നില്ല ജനിക്കുന്നില്ല നജായ പ്രിയതയെ വാ കാച് ഒരിക്കലും ജനിക്കുന്നില്ല മരിക്കുന്നില്ല ഈ ബോധം അഖന ബോധമാണ് ആത്മാവ് അത് ജനിക്കുന്നില്ല മരിക്ക ഒരിക്കലും ഇന്നുവരെ ജനിച്ചിട്ടില്ല മരിക്കുന്നത് പിന്നെ ഇവിടെ ആരാ കൊല്ലുന്നത് പിന്നെ ഇതൊരു മായ നാടകം കളി നീ അവശനായി യുദ്ധവാസനയ്ക്ക് അടിമപ്പെട്ട് ഇവിടെ വന്നുപോയി ആ വാസന കുറയ്ക്കാൻ വേണ്ടി സത്യം ഓർമ്മിച്ചുകൊണ്ട് കർമ്മം ചെയ്യുക ആചാരങ്ങളൊക്കെ ആവാം പക്ഷേ ഈ സത്യം കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ സത്യം കൂട്ടിച്ചേർത്താൽ ആചാരത്തിലൊന്നും നിർബന്ധ ബുദ്ധി വരില്ല ഇതിപ്പോങ്ങനെ ആചാരമനുഷ്ഠിച്ച് അനുഷ്ഠിച്ച് വല്ലാത്ത ബന്ധനമായി മാറുകയാണ് അതന്ന് അപ്പോൾ അനുഷ്ഠിച്ചില്ലെങ്കിൽ പോയി ഞാൻ പാപിയാണ് എന്താ എനിക്കിന്ന് സന്ധ്യാവന്തനം ചെയ്യാൻ പറ്റില്ല എന്താ കഴിഞ്ഞാനും കഴിഞ്ഞ ജന്മത്തെപ്പോൾ വലിയ പാപം ചെയ്തിരിക്കും അല്ലെങ്കിൽ ഈ സന്ധ്യാവന്ധനം എന്തിന് മുടങ്ങി ഏ എന്താ മുടങ്ങിയെന്ന് അതെനിക്ക് പനി വന്നു വിളിക്കാൻ പറ്റില്ല ഏ അതിനിപ്പോൾ എന്താ അതിനിപ്പോൾ കഴിഞ്ഞ ജന്മത്ത് ഇടയിൽ ഒക്കെ ബ്രഹ്മം നിങ്ങളെ സന്ധ്യാവന്തനും ബ്രഹ്മം ഇയാളും ഒരു ദിവസം സന്ധ്യാവന്ധനം ചെയ്ത് വികാരത്തിൽ ഇവിടെ ഒരു കൊഴുപ്പല്ല ബ്രഹ്മനിൽ അല്ലാതെ ആവില്ല ബ്രഹ്മനോടുണ്ട് ഈ തത്വം ഉറപ്പിക്കൂ നിങ്ങളെ സകലദേവന്മാരും കാത്തു സൂക്ഷിക്കും ഇത് കൃഷ്ണൻ പറയുകയാണ് ഗീതേ അനന്യാസ് തോമാ പ്രതിജ്ഞ എന്നെ മറ്റൊന്നുമില്ല ഞാൻ അതായത് മത്തപരതര ഞാന് കിഞ്ചിതസ്ഥിധനഞ്ജയാ എന്ന സത്യം ഉൾക്കൊണ്ട് എന്നെ ആര് ഭരിക്കുമോ പലരും വിടുകയാണ് അനന്യ ചിന്തയൻ തോമാ ഏതനാ പരി ഉപാസത്തെ ചുറ്റുമെന്നെ തന്നെ കണ്ട് ആരെന്നെ ഉപാസിക്കുന്നുവോ നമുക്ക് യോഗക്ഷേണം മഹാമ്യഹാമൂലയുള്ള യോഗക്ഷേണം ഞാൻ നോക്കും അങ്ങനെയാണ് ഭാ ഭാഗവതത്തിനും മറ്റും ഒട്ടേറെ കഥകളുണ്ടേ അംബരീഷൻ്റെ മറ്റും കഥ അതൊക്കെ ഇരിക്കട്ടെ നമുക്കത് കുറേ കൂടെയൊക്കെ അടുത്ത ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം അപ്പോൾ പേടിക്കണ്ട ഈ ബ്രഹ്മം ഈ ബ്രഹ്മത്ത് ആരൊക്കെ ചോദിച്ച് വിദ്യാഭ്യാസമുള്ളവർ തന്നെ ആരോ ഇടയ്ക്ക് ചോദിച്ചു എന്നുള്ള ആരോ ഈ ബ്രഹ്മത്തെ ഒക്കെ പതിച്ചാൽ നമുക്കൊരാപത്ത് വരുന്നു അപ്പം ഓടി ഒന്ന് നമ്മൾ രക്ഷിക്കാൻ കഴിയും കാര്യമില്ലാത്തതും പോസ് അതിന് എങ്ങനെ ഓടി വരാൻ കഴിയും നമ്മൾ ഒന്ന് വീട് ഒന്ന് പിടിച്ചുവെക്കണ്ടേ അതിന് ഈ ബ്രഹ്മത്തിന് കഴിയുമ്പോൾ അവസ്ഥ അത് അവരെ കുറച്ച് ഓടി വന്നു ഒന്ന് വരും വരും പക്ഷേ ഗുരുവായൂരപ്പൻ പറയുന്നു അർജുന ഈ ബോധമുണ്ടല്ലോ ബ്രഹ്മം ഗുരുവായൂരപ്പനായ രണ്ട് കാലും രണ്ട് കൈയുമേ ഉള്ളൂ ഗീതതെന്നു പറയുന്നു സർവത പാണിവാദം തത് ഈ ലോകത്ത് കാണുന്ന സകല കൈകളും സകല കാലുകളും ബ്രഹ്മത്തിൻ്റേതാണ് അതോടൊപ്പത്തി ചെന്ന് അനന്യഭക്തന്മാരെ പിടിച്ചെളി വീഴാൻ പോകുമ്പോൾ വിവേകം തന്നെ ചരിത്രം തന്നെ വായിച്ചു നോക്കുക എത്ര തവണയാണ് പിടിച്ചിളക്കിയിട്ടുള്ളത് എത്ര തവണ അതുകൊണ്ട് അങ്ങനെയൊന്നും ഭയപ്പെടണ്ട ഇപ്പോഴാരൊന്നും ഉടനെ വേണ്ടെന്ന് വെക്കണ്ട ഇപ്പം നടത്തുന്നതൊക്കെ നടത്തുക പക്ഷേ മൂന്ന് പ്രാവശ്യം സഹസ്രനാമം ജനിച്ചാൽ ചിത്തം ശുദ്ധിയാകുമോ കാമക്രോധങ്ങൾ മാറുമോ രാഗദ്വേഷങ്ങൾ ഒഴിഞ്ഞു പോകുമോ വളരെ നല്ലത് മതി ഒഴിഞ്ഞു പോകുന്നില്ലെങ്കിൽ ഈ സത്യം വിചാരം ചെയ്ത് പ്രവർത്തിക്കണം കർമ്മം കൊണ്ട് ഈ സത്യം കിട്ടില്ല ആചാരങ്ങളൊക്കെ കർമ്മമാണ് ഈ സത്യത്തെ വിറ്റിട്ട് ആചാരങ്ങൾ മുഴുകിയാൽ അവസാനമാവുമ്പോൾ അത് കടുത്ത ബന്ധനമായിത്തീരും സത്യത്തെ കൂടെ കൂട്ടിച്ചേർക്കും ബാക്കിയെല്ലാം കൂടെ വന്നോളും അതായത് ഞാനിനെ കൂടെ ബാക്കിയെല്ലാം കൂടെ ഈ ഞാനിനെ അന്വേഷിക്കാതിരിക്കുന്ന കഥ ആ വേദാന്തത്തിൽ പ്രസിദ്ധമായ ദശമ കഥകളുണ്ടല്ലോ പത്തു പേരൊരു വയ്യാത്ര പോയി ഒരു നദി നീന്തി കിടക്കണമായിരുന്നു അവർ നദി നീന്തി കിടന്നു എന്നിട്ട് എണ്ണി നോക്കി പത്തു പേരും ഉണ്ടോ എന്ന് എണ്ണി നോക്കി ഒരാൾ ഇങ്ങോട്ട് മാറി നിന്നിട്ട് എണ്ണുകയാണ് ഒൻപത് പേരേ ഉള്ളൂ പത്തു പേരും അങ്ങനെ മാറി നിന്നിട്ട് എണ്ണി നോക്കി ഒമ്പത് പേരേ ഉള്ളൂ നെഞ്ചത്തടിച്ച് നിലവിളിച്ചു കരഞ്ഞു വലിയ ഭരണമാകി ഒരുപാട് യാത്രക്കാരാണ് അതിലേക്ക് പോയി എന്താണ് നിലവിളിക്കുന്നത് ഞങ്ങൾ പത്ത് പേർ വന്നതാണ് പക്ഷേ ഊര നദിയിൽ മുങ്ങിപ്പോയി ആദ്യം ചോദിച്ചില്ലല്ലോ നോക്കട്ടെ എല്ലാവരും നിരഞ്ഞു നിൽക്കി ഞാനെണ്ണി നോക്കട്ടെ നോക്കിയപ്പോൾ പത്ത് പേരുണ്ട് അപ്പോൾ എന്താ ഉള്ളത് പറ്റിയത് എണ്ണുന്നയാളയാളെ കൂട്ടിയില്ല അത്രയേ ഉള്ളൂ അങ്ങനെയൊക്കെ എണ്ണ അത്ര മഠയരാണോ സാറാകോ അങ്ങനെയൊന്നും ചോദിക്കരുത് ഇതൊരു കഥ പറഞ്ഞോ ഉടനെ ചോദിക്കും ഇത്ര മഠയല്ലോ ആ വഴി അത്ര പോയവരെ ഇത് സ്പഷ്ടമല്ലേ സ്പഷ്ടമാണ് എന്നിട്ടും നമ്മൾ പറയുകയല്ലേ ഈ ബോധത്തെ പിടികിട്ടുന്നില്ലല്ലോ സാർ ആരാ ബോധമുണ്ടോ സാർ ആരാ ചോദിക്കുന്നത് ബോധമാണേ ീശ്വരനെ നിഷേധിക്കാൻ പോലും വേദാന്ത സത്യം പിടികിട്ടിയാൽ ഈശ്വരന് മാത്രമേ സാധിക്കൂ ഈശ്വരൻ ഇല്ല എന്ന് പറയണമെങ്കിൽ ബോധത്തിനല്ലേ സാധിക്കൂ അല്ലെങ്കിൽ മരിച്ചു കിടക്കുന്ന ശരീരം അതിനോ ഈ മേശയോ ഈശ്വരൻ ഇല്ലെന്ന് വിളിച്ചു പറയുന്നു ഈ ബോധം ബോധം പിടികിട്ടുന്നില്ല എന്ന് പറയുന്ന ആൾ വിദ്യാരണ്യസ്വാമി പറയുന്നത് വഴിയിലിറങ്ങി തെരുവിലിറങ്ങി എനിക്ക് നാവില്ല എനിക്ക് നാക്കില്ല എന്നുറക്കെ വിളിച്ചു പറയുന്നവരെ പോലെ പോലെ കൊട്ടയല്ല നാഗുള്ളത് കൊണ്ടാണ് അവൻ വിളിച്ചു പറയുന്നത് അല്ലെങ്കിൽ അവൻ നാക്കില്ല എന്ന് വിളിച്ചു പറയാൻ പറ്റും അതുപോലെ ബോധത്തെ നിഷേധിക്കുന്നത് പോലും ഈ ബോധമുള്ളതുകൊണ്ടാണ് ആ ദശലനെ കാണാതായ ദുരവസ്ഥയാണ് നമുക്കൊക്കെ വന്നു പോയിരിക്കുന്നത് ഏത് കോവിലിൽ പോയാലെന്താ പറയാനും കോവിലൊക്കെ പോവാം കോവിലി കൊണ്ടെന്നതിനർത്ഥമില്ല ഏത് കോവിലും പോവുക അർച്ചന നടത്തുക എല്ലാ കർമ്മങ്ങളും തൽക്കാലം ചെയ്യുക പക്ഷേ ഇതറിഞ്ഞുകൊള്ളുക ഏത് കോവിലിൽ പോയാലും ശിവനും ബോധരൂപനായ കൃഷ്ണനാണ് ക്രിസ്തുവും ബോധരൂപനായ കൃഷ്ണനാണ് ാണ് ഇതറിഞ്ഞാൽ ഇവിടെ വല്ല മതകലഹത്തിനും എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ ശാസ്ത്രീയ സത്യം ഗ്രഹിക്കാത്തതാണ് ഇന്ന് ലോകത്ത് കാണുന്ന സകല ദുരിതങ്ങൾക്കും കാരണം സകല ദുരിതങ്ങൾക്കും പക്ഷേ ഇതിന് അസാറങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ശാസ്ത്രീയ സത്യം എല്ലാവർക്കും ഒന്ന് ഗ്രഹിപ്പിച്ചാലോ നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഗുരുവായൂരപ്പൻ ശ്രമിച്ചത് അതിനാണല്ലോ അതിനാണ് അദ്ദേഹം ഈ ഭഗവത്ഗീത കെഴിഞ്ഞ് വെച്ചത് എന്നിട്ട് അദ്ദേഹം എന്തൊക്കെ സങ്കടപ്പെട്ട് പറയുന്നു അർജുന മനുഷ്യ സഹസ്രേഷു കസ്റ്റിത്യതീയെ യഥതാമ വിസിദ്ധാന കസ്റ്റിത്മ വ്യക്തി തത്വത യന്ത്രം ചെയ്യുന്നവർ പോലും മോഹദദ്ധരായി മത്തപ്പരതല കിഞ്ചിക സ്ഥിതി എന്ന് ആ സത്യാനുഭവത്തിൽ എത്തിച്ചേരുക ആ സിദ്ധിയിൽ എത്തിച്ചേരുന്നില്ല അർജുന അതെന്താ ഭഗവാനെ അതെന്താ ഭഗവാനെ എന്ന് ചോദിച്ചാൽ അർജുന അതിന് പറയാൻ പോകുന്നു ഞാനിതൊരു കളി പണ്ട് പണ്ട് എന്ന് നടത്തുകയാണ് ഈ കളി അങ്ങ് നിന്നു പോകും ഒരാളീ സത്യം കണ്ടാൽ തന്നെ കളി നിന്നു പക്ഷെ ഓരോ ഈ സത്യം കണ്ടാൽ ഉള്ളൂ പിന്നെ ഇവിടെ എന്താ കുഴപ്പം കഷ്ടപ്പെടുന്നവരൊന്നും ഇല്ല ഇവിടെ ഒരു കേറുമില്ല അന്തിമമായ വേദാന്ത സിദ്ധാന്തം എന്താ ഇവിടെ വരെ ഒരു കൊഴുപ്പും ഉണ്ടായിട്ടില്ല അങ്ങനെ ഈ നടക്കുന്നതൊക്കെ വെറും മായ ഒരേ വസ്തു വസ്തുവിൽ പല രൂപങ്ങളിങ്ങനെ മരുഭൂമിയിൽ കാലൽ ജലം ഭൂമി കാണപ്പെടും പോലെ കാണപ്പെടുന്നു ച അഖണ്ഡതും നിശ്ചലവുമായ ആ ബ്രഹ്മത്തിൽ ഒരു ചലനം പോലും സത്യമുണ്ട് ചലനം ശക്തിസ്പന്ദനം ഏതെങ്കിലും ശാസ്ത്രജ്ഞനെ വിളിച്ച് ചോദിക്കൂ ഞാൻ പലരോടും എൻ്റെ അടുത്ത് വന്നവരോട് ചോദിച്ചിട്ടുണ്ടേ എവിടുന്നാണ് ഈ എനർജി സ്പന്ദിക്കാതിരുന്നെങ്കിൽ ആധുനിക ശാസ്ത്ര ദൃഷ്ടിയിൽ പോലും ഈ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരുന്നു പിന്നെ അനിയങ്ങൾ സ്പന്ദിച്ചു അത് ഫണ്ടമെൻ്റൽ റെലിവെൻസായി മാറി അനന്തകോടികൾ പാണ്ഡങ്ങൾ മനുഷ്യർ പക്ഷികൾ മൃഗങ്ങൾ കോലാഹലം ആട്ടിപ്പീട്ടി കൃഷ്ണൻ്റെ ഒരു ലക്ഷത്തിലധികം വരുന്ന കുഞ്ഞുങ്ങൾ മക്കൾ കള കുടിച്ച് ഏറെ പുള്ളിയിൽ ചത്തുവീണില്ലേ അത് അതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ കൃഷ്ണൻ സന്തോഷിച്ചു എന്നാണ് വ്യാസൻ പറയുന്നത് എന്താ കാര്യം ഗംഭീരമായ ഒരു കളിയുടെ ആരും മരിക്കാൻ ആ ജാത്തതെയോ അറിയത്തുകയോ ബോധസത്യം ജനിക്കുന്നില്ല മരിക്കുന്നില്ല ഇന്നലെ ജനിച്ചിട്ടില്ല അർജുന ഇനിമേൽ ജനിക്കുകയുമില്ല പിന്നെ ഇവിടെ എന്താ കുഴപ്പം ഇവിടെ മരുഭൂമിയിൽ വെള്ളം കാണുമ്പോൾ അനന്തകോടി ബ്രഹ്മാണ്ടെന്ന് തോന്നുന്നു വാസ്തവത്തിൽ ഇല്ല അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കുറച്ചും കൂടെ ശാസ്ത്രീയമായി ചർച്ച ചെയ്യണം വാസ്തവത്തിൽ ഇതൊന്നും ഇല്ല ഇത് ഞാൻ പറയുന്നതല്ല നമുക്കേറ്റവും പ്രിയപ്പെട്ട വിവേകാനന്ദ സ്വാമികൾ അവസാനം പറയുന്നതാണ് ഇതൊന്നുമില്ല കാരണം ഒരു വസ്തുവേ ഉള്ളൂ വിവേകാനന്ദ സ്വാമി പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ അദ്ദേഹം ശിഷ്യനെ വിളിച്ച് പറയുകയാണ് പിന്നെ ഈ ശാസ്ത്രങ്ങൾ ഇവിടെ കാണുന്ന ശാസ്ത്രങ്ങളെല്ലാം വെറും റിലേറ്റീവ് സാപേക്ഷ കാഴ്ചകളെക്കുറിച്ചുള്ള ശാസ്ത്രമാണ് അബ്സെല് കേരള സത്യം അതായത് അബ്സല്യൂ കോൺഷ്യസ്നെസ് ബോധമെന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് പദം പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായിട്ടും കോൺഷ്യസ്നെസ് അബ്സല്യൂ കോൺഷ്യസ്നെസ് ആണ് ഇവിടെ ഉള്ളത് അതിൽ വാസ്തവത്തിലില്ലാതെ മരുഭൂമിയിലെ കാന ജലം കാണുന്നത് പോലെ കാണുന്ന കാഴ്ചയാണ് മരുഭൂമിയിൽ എത്ര ഇരമ്പി ഓഴുകുന്ന നദിയുണ്ടെന്ന് തോന്നിക്കോട്ടെ അവിടെ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല അതാണ് സത്യം വിവേകാനന്ദ സ്വാമി വിളിച്ചു പറയും നോക്കുഞ്ഞേ ധർമ്മകരില്ല ധർമ്മം മിഥ്യ അധർമ്മം മിഥ്യ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ സാർ വിവേകാനന്ദ സ്വാമി മലയാളത്തിലുള്ള ആറാം നാളത്തിൽ മുപ്പത്തിരണ്ടാമത്തെ സംഭാഷണം വാങ്ങിച്ചു നോക്കുക ഈ ശാസ്ത്രങ്ങൾക്കൊന്നും സത്യം വെളിപ്പെടുത്തി തരാനുള്ള കഴിവില്ല ഇവിടെ ധർമ്മമില്ല അധർമ്മമില്ല ഞാനില്ല നീയില്ല കുഞ്ഞേ ജഗത്തില്ല തീർത്തു പറയുകയാണ് ജഗത്തില്ല പിന്നെന്താ ഒരേ ഒരു സത്യം അഖണ്ഡ ബോധ സത്യം ഞാനിതാ സൂര്യതുല്യം സ്പഷ്ടമായി ആ സത്യത്തെ അനുഭവിക്കുന്നു നീയും പറ്റുപങ്കി അനുഭവിക്കുക ശിഷ്യനോട് പറയുകയാണ് എന്നിട്ട് തെരുവിലിറങ്ങി പറഞ്ഞു നടക്കാൻ കേൾക്കുന്നവർ കേൾക്കട്ടെ കേൾക്കാത്തവർ കേൾക്കണ്ട ഇറങ്ങി പറഞ്ഞ് നടക്കെ ഇതാണ് വിവേകാനന്ദ സ്വാമി അവസാനം പറഞ്ഞ തൻ്റെ സമാധിയോട് അടുത്ത കാലത്ത് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു നിർബന്ധമുണ്ടായിരുന്നു ഈ സിദ്ധി മനുഷ്യാണ് അന്ന് സഹസ്രശേഷത് ഈ സിദ്ധയെ എന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടും അതിൽ ആ കസ്റ്റിൽ ഒരാളും എനിക്കാകണം ഞാൻ ഈ സിദ്ധി എന്ത് സിദ്ധി അസംശയം സമഗ്രമാണ് യഥാസ്യസി ആ സിദ്ധി സംശയരഹിതമായി സമഗ്രമായി ഈ ഏഴാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞ സിദ്ധി ആ സിദ്ധി എന്ന നേടിയേ ഞാൻ അടക്കവും എന്നൊരു മയ്യ ആസക്തമന ആ ആസക്തമനസ്ത്വം കൃഷ്ണനുണ്ടായിരുന്നു അല്ല വിവേകാനന്ദ സ്വാമിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹം അവിടെ എത്തിയാലുള്ളൂ അടങ്ങിയുള്ളൂ അവിടെ എത്തുന്നതിന് മുമ്പൊക്കെ പലരും പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു പട്ടിയെങ്കിലും പട്ടിണി കിടക്കുന്നിടത്തോളം ഞാൻ തിരിച്ചു വരും അതാണ് ഇതാണ് എന്നൊക്കെ നിങ്ങൾ ഫുട്ബോൾ കളിക്കണം എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷെ ഒഴിവിൽ പറഞ്ഞത് ഈ കൃഷ്ണനെ പോലെയാണ് ഞാനില്ലാതെ ഇവിടെ വേറെ ഒന്നുമില്ല പക്ഷേ അടുത്ത പറ്റി പറയുന്ന ഒരു രസം ഞാനാണ് മറ്റേ രൂപം ഞാനാണ് അതെ അതെന്തിനു പറഞ്ഞു ഈ സത്യത്തെ അന്വേഷിക്കാനുള്ള പ്രചോദനം നൽകാൻ വേണ്ടി പറഞ്ഞു സത്യം ആവർത്തിക്കപ്പെടുന്നു ഞാനേ ഉള്ളൂ എന്ന സത്യം ഈ ഏഴാം അധ്യായത്തിൽ തന്നെ ഭഗവാൻ എത്ര തവണ ആവർത്തിക്കുന്നത് ജ്ഞാനം പക്ഷേ ആ ആവർത്തനം കൊണ്ട് കേൾക്കുന്നവർക്ക് പൂർണ്ണമായ ഒരു ബൗദ്ധ്യൻ വരാത്തത് കൊണ്ട് വിജ്ഞാനം അതനുഭവിക്കാനുള്ള മാർഗങ്ങൾ പടിപ്പടിയായി പറയുന്ന വിഭൂതിയോളം അതെന്നൊക്കെ പറഞ്ഞ് ബാക്കി പറയുന്നതൊക്കെ ഈ സത്യം അനുഭവിക്കാനുള്ള ഉപായങ്ങളും മാർഗങ്ങളും ഉപായങ്ങളെയും മാർഗങ്ങളെയും ചൊല്ലി വഴക്കടിച്ചതുകൊണ്ട് ഒരു വിശേഷമില്ല സത്യം ആവർത്തിച്ചാവർത്തിച്ചെല്ലാ അധ്യായത്തിലും ഈ ഒരേ സത്യം ഞാനേ ഉള്ളൂ ഒരേ സത്യം ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നു ഇത് ഇതാണ് ഗീത നമുക്ക് കാട്ടിത്തരുന്നത് അപ്പോൾ ബ്രഹ്മം എന്താണ് ആ ബ്രഹ്മത്തെ കർമ്മം കൊണ്ടൊന്നും കിട്ടത്തില്ല ഇത് മനസ്സിലാക്കി രാഗദ്വേഷങ്ങൾ കുറയ്ക്കും ഭേദചിന്തകൾ കുറയ്ക്കും അന്തശീതളത അന്തശീതളതയുടെ രൂപത്തിൽ ആ ബോധസത്യം തെളിയാൻ തുടങ്ങും പിന്നെ ആ അന്തശീതലതയ്ക്ക് ആഴം കൂടിക്കൂടി വരും ഒടുവിൽ നല്ലവണ്ണം ബോധ്യനുമാവും കൃഷ്ണൻ തന്നെ പറയുന്നു യഥാ ഭൂതപൃഥത്ഭാവം ഏകസ്ഥമനുപശ്യത്തി തഥയേവച വിസ്താരം ബ്രഹ്മസമ്പദ്ധ്യത്തെ അർജുന നീ നിൻ്റെ ഉള്ളിൽ മറമാറ്റി സത്യം തെളിയണമെന്ന് തെളിച്ചനുഭവിക്കും അങ്ങനെ തെളിച്ചനുഭവിക്കുമ്പോൾ തതയേവച വിസ്താരം പിന്നെ ആ ബ്രഹ്മം ഇങ്ങനെ വിസ്താരം പ്രാപിക്കും എന്താ വിസ്താരം അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ആ ഒരു സത്യം മാത്രം എന്ന് വിസ്താരം പ്രാപിക്കും ഇതാണ് ബോധം ബോധം നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട് ഉണ്ട് ഉണ്ട് എന്ന് രാഭകൽ പറയുമ്പോൾ ഇനിയും ബോധത്തെ പിടികിട്ടിയില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് രാഗദ്വേഷങ്ങളൊക്കെ മാറ്റി അല്ലെങ്കിൽ കൃഷ്ണൻ പറയുമ്പോൾ ഉള്ളേ അഥ ചിത്തം സമാധാത്തും നശക്നോഷിമൈ സ്ഥിരം അഭ്യാസയോഗേന തത്വവും മാമിച്ഛാത്തും പരന്തപ്പ ഇതാവർത്തിച്ചാവർത്തിച്ചു ഓർമ്മിക്കൂ ഇവിടെ ഭഗവാനേ ഉള്ളൂ അങ്ങനെ ഭേദചിന്ത കുറഞ്ഞു വരട്ടെ അപ്പം നല്ലവണ്ണം നിലയിൽ ആചാര്യസ്വാമികൾ പറയുന്നു ഈ സത്യത്തെ അറിയാൻ എന്താണ് പ്രയാസം തിരിയുന്നവതാതിരഹമിത്യന്തസ്ഫുടം ദൃശ്യത്തെ വെറും അമീപ മുതൽ ദേവന്മാരിലും മനുഷ്യന്മാരിലുമൊക്കെ അമീപ ചലിക്കുന്നത് ബോധമുള്ളിലൊണ്ടാണ് സൂര്യൻ പ്രകാശിക്കുന്നത് ബോധ ഉള്ളിലൊണ്ടാണ് അല്ലെങ്കിൽ പ്രകാശിക്കില്ല ഒരു കർമ്മവും ചെയ്യാൻ ബോധമില്ലാത്ത ശരീരത്തിന് സാധ്യമല്ല യഥാദിത്യതേജവും ജഗദ്ഭാസയത്തെ അഖിലം യന്ത്രമസയത് അഖിലോ തത്തേജോ വിദ്യം മാമകം എന്നല്ലേ കൃഷ്ണൻ തന്നെ പറയുന്നത് ആദിത്യൻ പ്രകാശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആ ആദിത്യനകത്തിരിക്കുകയാണ് അർജുന ഞാനെന്ന് വെച്ചാൽ വസുദേവഭനായ കൃഷ്ണനല്ല ഈ ബോധരൂപനായ കൃഷ്ണൻ ചന്ദ്രമസി അച്ഛ്ന അർജുന അഗ്നിയും ചന്ദ്രനും പ്രകാശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ അവയിൽ കടന്നിരിക്കുന്നു അല്ല സാറേ അഗ്നിയിൽ ബോധമിരിക്കുന്നതായി കാണുന്നില്ലല്ലോ തന്നിലിരിക്കുന്ന ബോധത്തെ കാണാൻ കഴിയാത്ത ആളാണ് ഇനി അഗ്നിയിലിരിക്കുന്ന ബോധത്തെ കാണുന്നില്ലല്ലോ എന്ന് വരാതി പറ എന്ത് വിചിത്രമാണ് ഞാനാ ബോധമായിരിക്കവേ എന്നെ കാണാൻ കഴിയില്ല അഗ്നിയിൽ ബോധം കാണുന്നില്ലല്ലോ എന്നാണ് പരാതി കൃഷ്ണൻ പറയുന്നു എച്ചന്ദ്രമസി എ ചഗ്നവും തത്തേജോ വിമാക്കം അതൊക്കെ ഞാനാണ് അഗ്ന ഞാനുള്ളത് കൊണ്ട് ആ അഗ്നി എഴുതുന്നു ഞാനുള്ളത് കൊണ്ട് സൂര്യൻ പ്രകാശിക്കുന്നു അതാണ് യാ തിരിയൻ നരദേവതാപി ആ അഗ്നി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളൊക്കെ ഞാനിപ്പോൾ ഞാൻ എന്നനുഭവിച്ചു കൊണ്ട് സംസാരിക്കുന്നു അതുപോലെ അഗ്നി ഞാൻ എന്ന് വ്യക്തമായി ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്നു നമുക്ക് കാണാനൊക്കെ ഉള്ളത് പക്ഷെ കൃഷ്ണൻ പറയുന്നു അങ്ങന അല്ലാതെ ഒരു കർമ്മവും കൂടെ നടക്കില്ല ഒരു കർമ്മവും അതാണ് യാതിരിയൻ നരദേവതാഭിരാഹമിന്യന്തസ്ഫുടാഗൃഹ്യത്തെ വ്യക്തമായി ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാനുണ്ട് എന്നിങ്ങനെ മൃഗങ്ങളിലും ചെടികളിലും പോലും സൂര്യനിലും ചന്ദ്രനിലും പോലും ദേവന്മാരിലും മൃഗങ്ങളിലും മനുഷ്യരിലുമൊക്കെ അന്തസ്ഫുടാഗൃഹ്യത്തെ ഉള്ളിൽ വ്യക്തമായി തെളിയുന്നു വ്യക്തമായി അന്തസ്ഫുടാഗൃഹ്യത്തെസ ഹൃദയക്ഷദേഹ വിഷയാഹാന് അചേതനാഹ നമ്മുടെ ഉള്ളിലുള്ള ഹൃദയം ഇന്ദ്രിയങ്ങൾ മനസ്സ് ഒക്കെ ജഡമാണ് ജയറി കുറച്ച് നോക്കിയിട്ടുള്ളൊരു ജഡമല്ലാതെ മറ്റൊന്നും കണ്ടിട്ടില്ലല്ലോ ഒക്കെ ജലമാണ് പക്ഷെ ആ ജഡമൊക്കെ ായിത്തീരുന്നത് അവയുണ്ട് എന്നിങ്ങനെ ഞാൻ അനുഭവിക്കുന്നതുകൊണ്ടാണ് എൻ്റെ ഹൃദയം എൻ്റെ മനസ്സ് എൻ്റെ കണ്ണ് എൻ്റെ മൂക്ക് ആരാ ബോധത്തിൻ്റെ ആ എൻ്റെ എന്ന് പറയുന്നത് ആരുടെ ബോധത്തിൻ്റെ അല്ല വേറെ ആരുടെ അല്ല ഒന്ന് ശ്രമിച്ചു നോക്കണേ നാളെയൊക്കെ എൻ്റെ എൻ്റെ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ എന്ന് പറയുന്നത് ആരുടെയാണ് അത് ഈ ശരീരത്തിൻ്റെ അഴിക്കുളേ ശരീരത്തിൽ നീ ഞാൻ ഇളങ്ങിപ്പോയാൽ ഉള്ള സ്ഥിതി നമ്മൾ കണ്ടില്ലേ അപ്പോൾ എൻ്റെയെന്ന് പറയുന്നത് ആരാണ് എൻ്റെ എന്ന് പറയുന്നത് ബോധത്തിൻ്റെ ബോധത്തിൻ്റെ കണ്ണ ബോധത്തിൻ്റെ ഹൃദയം യദ്ഭാസ ഹൃദയ അക്ഷദേഹവിഷയാഹ പാണ്ടി സ്വത്വോ അചേതനാഹ അങ്ങയെല്ലാം ജഡമാണ് ഹൃദയാക്ഷം ആ ജഡങ്ങളൊക്കെ പിന്നിൽ ഈ ബോധമുള്ളത് കൊണ്ട് ഉള്ളതായി പ്രകാശിക്കുന്നു തംഭാസ്യഹിതർക്കമണ്ഡല നിഭാ സ്ഫൂർത്തിൻ സദാഭവയൻ ഒരു സൂര്യബിംബത്തെ മേഘം മറച്ചു കളയുന്നത് പോലെ ഈ ഞാനിനെ അഖണ്ഡ ആനന്ദബോധമായ ഞാനിനെ ഭേദചിന്തകളും രാഗദ്വേഷങ്ങളും മറയ്ക്കുന്നു അതൊന്ന് മാറ്റാമെങ്കിൽ മേഘമഡലം സൂര്യൻ തെളിയുന്നത് പോലെ ഗീതമറിയുന്നു കൃഷ്ണൻ ജ്ഞാനത്തും തദ്ജ്ഞാനേഷാം നാശിതമാത്മന തേഷാം ആദിത്യജ്ഞാനം പ്രകാശയെത്തി അവർക്ക് ആദിത്യ തുല്യം ജ്ഞാനം തെളിഞ്ഞുവരും അങ്ങനെ താശേഹി വിഹിതാർത്ഥമുണ്ടല്ലെന്നിപ്പം സ്ഫൂർത്തിൻ സദാഭാവയൻ അങ്ങനെയുള്ള ആ അനന്താനന്ദവിധിയായ ബോധത്തെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ബോധത്തെ സദാഭാവൻ യോഗി ആ യോഗ ആനന്ദത്തിൽ നിരന്തരാനന്ദത്തിൽ വർത്തിക്കുന്നു എന്നാണ് ശങ്കരഭഗത്പാദപ്രദേശം നമുക്കൊന്നും ഇത് അസാധ്യമല്ല സത്യം അനുഭവിക്കാനും അറിയാനും അനുഭവിക്കാനും ഒന്നും അല്പമൊരു ഒരു മനസ്സ് വേണം ഒരാസക്ത മനസ്ത്വം ഭഗവാൻ കൾ ഞാൻ ഭഗവാനെ അസംശയം സമഗ്രം അറിഞ്ഞടങ്ങും ഏതൊരാസക്ത മനസ്ത്വം ഉണ്ടെങ്കിൽ നമുക്കൊക്കെ ഇത് അനുഭവിക്കാം ഒന്നുമില്ലെങ്കിൽ തുടങ്ങി വയ്ക്കുക പറ്റുന്നിടത്തോളം അവളുടെ സമഭാവന എന്ന യോഗം മനസ്സിൻ്റെ സമത്വമെന്ന കൃഷ്ണൻ്റെ യോഗം അതുപോലെ ശീലിക്കുക കൃഷ്ണൻ പറയുന്നു ഈ ജന്മത്തിൽ ജന്മമൊക്കെ ഉള്ളോ സാർ അതൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം ഈ ജന്മത്തിൽ പറ്റുന്നിടത്തോളം മനസ്സിൻ്റെ സമത്വം ഒന്ന് പറ്റട്ടെ ഒരിക്കലും നഷ്ടമാവില്ല എത്രത്തോളം സമനില്ല കാമക്രോധങ്ങൾക്കൊക്കെ ഉള്ള ഒരു കുറവ് എത്രത്തോളം നേടിയോ അത്രത്തോളം വാക്കിനെക്കും അടുത്ത ജന്മക്രമത്തിൽ തുടർന്നാൽ മതി അർജുന േശം പോലും നഷ്ടപ്പെടില്ല സ്വൽപ്പമത്യസ്യധർമ്മ പ്രായത്തെ മഹത്വഭയ ഈത്ര വിശിഷ്ടമായ ഗംഭീരമായി ഈ സത്യം അറിയാനും കുറേശയങ്കിലും അതിൻ്റെ സമീപത്തേക്ക് ചെല്ലാനും കൃഷ്ണൻ ഗുരുവായൂരപ്പൻ നമ്മൊക്കെ അനുഗ്രഹിച്ചാലുമാകാകട്ടെ നമസ്കാരം